അദ്ദേഹം ആരാധനാമുറിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ മലക്കുകൾ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു അള്ളാഹുസുബഹാനുഹുവ ചായാല യഹ്യ അലിഹിസ്ലാമിനെക്കുറിച്ച് നിനക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു അള്ളാഹുസുബഹാനുഹുവ ചായാലയുടെ ഒരു വചനത്തെ സത്യപ്പെടുത്തുന്നവനും നേതാവും വിരക്തനും സജ്ജനങ്ങളിൽപ്പെട്ട ഒരു പ്രവാചകനുമായിരിക്കും അദ്ദേഹം